മുസഅഅലഹിസലാമിന്റെ മാതാവിനോട് നാം വെളിപ്പെടുത്തി നീ അവന് മുലപ്പാൽ നൽകുക അവനെക്കുറിച്ച് നീ ഭയപ്പെട്ടാൽ അവനെ പുഴയിലേക്ക് ഒഴുക്കിവിടുക നീ ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട തീർച്ചയായും നാം അവനെ നിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തിക്കുകയും അവനെ ദൂതന്മാരിൽ ഒരാളാക്കുകയും ചെയ്യും